അങ്ങനെ അദ്ദേഹം തന്റെ സഹോദരന്റെ സഞ്ചിക്കു മുൻപായി മറ്റുള്ളവരുടെ സഞ്ചികൾ പരിശോധിച്ചു പിന്നീട് സഹോദരന്റെ സഞ്ചിയിൽ നിന്നത് പുറത്തെടുത്തു യൂസഫ് അലി ഹിസ്സലാമിനുവേണ്ടി ഞങ്ങൾ ഇപ്രകാരം തന്ത്രം മെനഞ്ഞു രാജാവിന്റെ നിയമപ്രകാരം അള്ളാഹു സുബാനഹുവത്ത് ആല ഉദ്ദേശിച്ചില്ലെങ്കിൽ തന്റെ സഹോദരനെ പിടികൂടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നവരുടെ പദവികൾ ഞങ്ങൾ ഉയർത്തുന്നു ഏതൊരു അറിവുള്ളവനുമീതേ എല്ലാം അറിയുന്നവനുണ്ട്